നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജരൂപത്തിൽ നിന്നും പിന്നീട് രക്തക്കെട്ട രൂപത്തിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ് പിന്നീട് അവൻ നിങ്ങളെ ഒരു ശിശുവായി പുറത്തു കൊണ്ടുവരുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണതയിലെത്തുകയും പിന്നീട് നിങ്ങൾ വൃദ്ധരാവുകയും ചെയ്യുന്നു നിങ്ങളിൽ ചിലർ അതിനു മുമ്പ് ചെയ്യും നിശ്ചയിക്കപ്പെട്ട ഒരു കാലാവധിയിൽ നിങ്ങളെത്താൻ വേണ്ടിയാണിത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയുമാകുന്നു